സ്ത്രോത്രം ജോജി പേർ ദേവചനം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട അഞ്ച് മനോഭാവങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് തുടങ്ങിയപ്പോൾ അതിന് തൊട്ട് മുമ്പ് ബ്രദറ് ഹൃദയ പരാമർശിക്കുകയുണ്ടായി അല്ലെങ്കിൽ നാം പ്രാർത്ഥിക്കുന്നത് ആത്മാവിലാണ് എന്ന് ബ്രദറ് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ നമുക്ക് ആത്മാവിൽ ആണ് നമുക്ക് ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ സാധിക്കുന്നത് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്നത് അപ്പോൾ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മാവിൽ നമുക്ക് ഒരു സജീവമായിരിക്കണം നമ്മുടെ ആത്മാവ് സജീവമായിരിക്കണം അപ്പോൾ നമ്മുടെ ഹൃദയം കഠിനമായി പോയി കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഒരു മരണത്തിലും ഒരുതരം പിന്മാറ്റത്തിലും ആയിരിക്കുകയും നമ്മൾ തന്നെ ഒരുതരം പിന്മാറ്റത്തിലായിരിക്കുകയും നമുക്ക് ഒരു ജീവനില്ലാത്തവരായി നമുക്ക് എല്ലാം ഒരു തരം ഡ്രൈ ആയി നമുക്ക് മടുപ്പുളവാക്കുന്ന ഒരവസ്ഥയായിരിക്കും ഞാൻ കഴിഞ്ഞ ദിവസം സങ്കീർത്തനം എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൽ നിന്ന് ഈ ഒരു വാക്യം വായിക്കുകയായിരുന്നു എൺപത്തിയഞ്ചാം സങ്കീർത്തനം അതിൽ അതിൻ്റെ ആറാം വാക്യം ഇങ്ങനെയാണ് നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ അത് ഇംഗ്ലീഷിലിങ്ങനെയാണ് വില്ലി നോട്ട് യുവർ സെൽഫ് റിവൈവ്സ് അഗെയിൻ വില്ലി നോട്ട് യുവർ സെൽഫ് റിവൈവ്സ് എഗെൻ ദാറ്റ് യുവർ പീപ്പിൾ മെയ് റിജോയ്സ് ഇൻ യു ദൈവമേ അങ്ങ് ഞങ്ങളെ ഉണർത്തുകയില്ലയോ ദൈവമേ അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ ഞങ്ങളുടെ ഹൃദയമിത കഠിനമായിരിക്കുന്നു ഞങ്ങളുടെ ഹൃദയമിത ഒരുതരം മൃതാവസ്ഥയിലായിരിക്കുന്നു ദൈവമേ അങ്ങ് ഞങ്ങളെ ജീവിപ്പിക്കുകയില്ലയോ അപ്പോൾ ദൈവം നമ്മെ ജീവിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമുക്ക് ചൈതന്യം തരുമ്പോൾ നമുക്ക് ജീവൻ്റെ ലക്ഷണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് യുവർ പീപ്പിൾ മേ റിജോയ്സ് നെയ്മും അപ്പോൾ നമുക്ക് ജീവൻ വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചൈതന്യം നമുക്ക് നമ്മുടെ സന്തോഷം ദൈവത്തിലായിരിക്കും നമ്മുടെ സന്തോഷവും നമ്മുടെ ആനന്ദവും നമുക്ക് കർത്താവിലായിരിക്കും നമുക്ക് കർത്താവിൽ സന്തോഷം കണ്ടെത്താനും കർത്താവിൻ്റെ കാര്യങ്ങൾ ദൈവവും ദൈവിക കാര്യങ്ങൾ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രമോദമായി തീരും എന്നാൽ നമ്മുടെ ഹൃദയം അത് തണുത്ത് കട്ടിയായി അത് മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് തണുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സന്തോഷം മറ്റ് പല കാര്യങ്ങളിലാവും നമുക്ക് ആ കാര്യവും ഈ കാര്യവും നമ്മുടെ ഭൗതികമായ പല കാര്യങ്ങളും നമ്മുടെ പല അച്ചീവ്മെൻസും നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങളും നമ്മുടെ നേട്ടങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു അതിലൊക്കെ നമുക്ക് ആനന്ദമാവും ചിലരെ സംബന്ധിച്ചോളം ഓരോരുത്തരെ സംബന്ധിച്ചോളവും ഓരോന്നാണ് നമുക്ക് നമ്മുടെ ഹൃദയത്തെ നോക്കി നമ്മുടെ ഹൃദയം നമുക്ക് ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടണമെങ്കിൽ ദൈവവുമായിട്ട് നമുക്ക് ഒരു സജീവത്വം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഒരു ഒരു ജീവനുള്ളവരായി ഹൃദയത്തിൻ്റെ കാഠിന്യം നീങ്ങിയവരായി നമുക്കൊരു ഉണർവുള്ളവരായി നമുക്ക് ദൈവത്തിൽ ഒരു പ്രമോദമുള്ളവരായി ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരായി നമ്മൾ മാറണം ആ രീതിയിൽ ഞാനും എൻ്റെ ജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനും അത് കാണുകയായിരുന്നു കർത്താവ് എനിക്ക് ഞാൻ ആ രീതിയിൽ ഞാനങ്ങനെ കണ്ടിരുന്നില്ല ഞാൻ മറ്റു കാര്യങ്ങളാണ് എൻ്റെ പ്രമോദം എനിക്കിപ്പോൾ ഞാൻ എപ്പോഴും കൂടുതൽ കൂടുതൽ ചിന്തിക്കുന്നത് ഞാൻ കൂടുതൽ കൂടുതൽ എൻ്റെ മനസ്സ് വീണ്ടും വീണ്ടും പോകുന്നത് ഞാൻ സന്തോഷം കണ്ടെത്തുന്നത് ഈ കാര്യത്തിലും ആ കാര്യത്തിലും ഈ കാര്യത്തിലും നമുക്ക് ഓരോരുത്തർക്കും എന്തായിരിക്കാം എൻ്റെ എൻ്റെ ഈ കഴിവ് അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഈ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടിയ ഈ ഡിഗ്രി കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ എൻ്റെ ഞാൻ ഇപ്പോൾ എനിക്ക് ഇന്ന കാര്യം എനിക്ക് വേണം അതിൻ്റെ അപ്പോഴും നമ്മുടെ മനസ്സ് ആ കാര്യത്തിൽ അങ്ങനെ വ്യാപരിച്ച് അതിലാണ് നമ്മൾ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ മുതിർന്നവരെ സംബന്ധിച്ചോളം നമുക്ക് നമ്മുടെ നമ്മുടെ കരങ്ങൾ കൊണ്ടുള്ള അധ്വാനത്താൽ നമ്മൾ നേടിയ നേട്ടങ്ങൾ നമ്മുടെ ജോലി നമ്മുടെ ജോലിയുടെ മഹത്വം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വീട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മുടെ നമ്മൾ ഉണ്ടാക്കിയ ചെറിയ കാര്യം മുതൽ ഉണ്ടാക്കിയ നന്നായി അല്ലെങ്കിൽ വായിച്ച പ്യാനോ നന്നായി പാടിയ പാട്ട് നന്നായി ഇതിലൊക്കെ ഇതിലൊക്കെ നമുക്ക് അതിലൊക്കെ നമുക്ക് നമ്മൾ സാധാരണ നമുക്കൊരു പരീക്ഷയ്ക്ക് വിജയം ഉണ്ടാകുമ്പോൾ നമ്മൾ കരയണമെന്നോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മുടെ ഉള്ളത്തിലുള്ള നമ്മുടെ പ്രമോദം നമ്മുടെ സന്തോഷം അത് മറ്റു പല കാര്യങ്ങളിലുമായിട്ട് ഇങ്ങനെ മാറി മാറി പോകുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ ജീവിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ വരുന്നത് നമുക്ക് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മുടെ ഹൃദയം കട്ടിയായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ ഒരു നമ്മുടെ പുറത്തുള്ള പല എന്റെ സഭകളിലൊക്കെ ചിലപ്പോ ഒരു അച്ചായന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഓ അവനങ്ങ് പിന്മാറ്റത്തില അവനങ്ങ് പിന്മാറ്റത്തിപ്പോയി അപ്പൊ എന്താ അർത്ഥമാക്കുന്നത് അപ്പൊ അവൻ പിന്മാറ്റത്തി പോയി എന്ന് പറയുമ്പോ അപ്പൊ അച്ചായനെ അർത്ഥമാക്കുന്നത് അവനിപ്പോ നേരത്തെ ഇവിടെ ചർച്ചിലൊക്കെ വരുമായിരുന്നു ഇടയ്ക്ക് പ്രാർത്ഥിക്കും പാട്ടൊക്കെ പാടും സാക്ഷിയൊക്കെ പറയും ഇപ്പോ ഇതാ അവൻ മീറ്റിംഗ് വരുന്നില്ല ഇപ്പോൾ അവന് വേറെ അവൻ്റെ സുഹൃത്തുക്കളോടൊപ്പം സിനിമ കാണാൻ പോവുകയും മറ്റ് കാര്യങ്ങളും മറ്റ് ഒരുപക്ഷെ അവൻ്റെ പല കാര്യങ്ങളിൽ നിന്നും അവൻ ബാഹ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളിൽ നിന്നും അവനങ്ങ് മാറിപ്പോയി എന്നുള്ളതാണ് പലപ്പോഴും അർത്ഥമാക്കാറുള്ളത് എന്നാൽ നമ്മുടെ ഹൃദയം നമ്മൾ കട്ടിയാകുമ്പോൾ നമ്മൾ നമ്മളുടെ നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ കർത്താവേ ഞാൻ യഥാർത്ഥത്തിൽ ഞാനൊരു പിന്മാറ്റത്തിലാണോ ഞാനൊരു ഈ രീതിയിലൊരു തണുത്ത അവസ്ഥയിലേക്കാണോ പോകുന്നത് ഞാനൊരു പിന്മാറ്റത്തിലേക്കാണോ പോകുന്നത് എന്ന് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുന്നത് നല്ലതാണ് നമ്മളോട് തന്നെ ചോദിക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രമോദങ്ങൾ മറ്റു കാര്യങ്ങളിലേക്ക് മാറുന്നു നമുക്ക് ദൈവത്തിലുള്ള താല്പര്യമില്ല നമ്മുടെ ഹൃദയം കൂടുതൽ കട്ടിയായിരിക്കുന്നു ഈ കാര്യങ്ങളോടൊന്നും നമുക്കൊരു സജീവത്വമില്ല അതുമാത്രമല്ല നമ്മളൊക്കെ നമ്മുടെ സ്വന്തം വഴികൾ നിറഞ്ഞ് നമ്മുടെ മനസ്സ് ദൈവവും ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചുമുള്ളൊരു താല്പര്യം നമ്മൾ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു വരുന്നു ഞാൻ ആ കാര്യത്തെക്കുറിച്ചും ഞാൻ ചിന്തിക്കുകയായിരുന്നു നമ്മൾ സദർശവാക്യങ്ങളിൽ അങ്ങനെയൊരു വാക്യമുണ്ട് സദർശവാക്യങ്ങൾ പതിനാലാം അധ്യായം സദർശവാക്യങ്ങൾ നമുക്ക് ചെറുപ്പക്കാർക്കൊക്കെ ഓർത്തിരിക്കാനായിട്ട് എളുപ്പമാണ് ഞാൻ പറയാൻ ഓർത്തിരിക്കാം സദൃശവാക്യങ്ങൾ അല്ലെങ്കിൽ പ്രോവബ്സ് ഫോർട്ടീൻ ഫോർട്ടീൻ സദൃശവാക്യങ്ങൾ പതിനാലിൻ്റെ പതിനാല് സദൃശവാക്യങ്ങൾ പതിനാലിൻ്റെ പതിനാല് അതിങ്ങനെയാണ് ഹൃദയത്തിൽ വിശ്വാസത്യാഗമുള്ളവന് തൻ്റെ നടപ്പിൽ മടുപ്പ് വരും നല്ല മനുഷ്യനോ തൻ്റെ പ്രവൃത്തിയിൽ തന്നെ തൃപ്തി വരും ചിലപ്പോൾ നമ്മുടെ ഈ തർജ്ജിമ ചെയ്യുമ്പോൾ ഈ വാക്യങ്ങളുടെ അർത്ഥം ശരിക്ക് വരാറില്ല അങ്ങനെ വളരെ ഒരു മോശമായ രീതിയിൽ തർജ്ജിമ ചെയ്ത ഒരു വാക്യമാണിതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് അതിൻ്റെ 12 ആ വാക്യം സോറി 14 ആ വാക്യം ദി ബാക്ക് സ്ലൈഡർ ഇൻ ഹാർട്ട് will have his fill of his own ways എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ദി ബാക്ക് സ്ലൈഡർ ഇൻ ഹാർട്ട് will have his fill of his own ways അത് നമുക്ക് മലയാളത്തിലേക്ക് ശരിയായ രീതിയിൽ തർജ്ജമ ചെയ്യണമെങ്കിൽ എങ്ങനെയാണ് ഹൃദയത്തിൽ പിൻമാറ്റമുള്ളവൻ സ്വന്തം വഴികളിൽ മുഴുകിയിരിക്കും ഹൃദയത്തിൽ പിന്മാറ്റമുള്ളവൻ ദ ബാക്ക് സ്ലൈഡർ ആൻഡ് വിൽ ഇൻ ഹാർട്ട് അവൻ സ്വന്തം വഴികളിൽ അങ്ങനെ മുഴുകിയിരിക്കും സ്വന്തം വഴികളാണ് അവൻ്റെ ഹൃദയത്തിൽ നിറച്ചുമുള്ളവൻ നമുക്ക് നമ്മൾ മറ്റുള്ള പുറത്തുള്ളൊരു സഭയിൽ പറയുന്ന ആൾക്കെ പറയുന്ന പോലെ ഓ ഞാൻ പിന്മാറ്റത്തിലല്ല പക്ഷേ എൻ്റെ ഹൃദയം ഇപ്പോൾ തണുത്തിരിക്കുന്നു എൻ്റെ ഇഷ്ടവും പ്രമോദവും മറ്റു കാര്യങ്ങളിലാണ് എൻ്റെ സ്വന്തം വഴികൊണ്ട് എൻ്റെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഇഷ്ടം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ നോട്ട് മൈ വിൽ ബട്ട് ഐ വിൽ എൻ്റെ ഇഷ്ടമല്ല കർത്താവേ അങ്ങയുടെ ഇഷ്ടമാണ് അപ്പോൾ എൻ്റെ ഇഷ്ടം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സുമായി നിൽക്കുന്ന ഒരുവൻ എങ്ങനെയാണ് ആ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുക എൻ്റെ ഹൃദയം എൻ്റെ ഇഷ്ടം എൻ്റെ വഴി എൻ്റെ താൽപ്പര്യങ്ങൾ അത് നിറഞ്ഞിരിക്കുന്ന ഒരു മനസ്സ് അപ്പോൾ അത് കാണുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത് ഞാൻ എൻ്റെ ഹൃദയം പിന്മാറ്റത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ദ ബാക്ക് സ്ലൈഡർ ഇൻ ഹാർട്ട് വിൽ ലവ് ഹിസ് ഫിൽ ഓഫ് ഹിസ് ഓൺ വേസ് അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് നമ്മൾ മുതിർന്നവരും നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇവിടെ നമ്മൾ ഇരിക്കുന്നു ഇവിടെ വരുന്നു നമുക്ക് ആത്മീയ കാര്യങ്ങളോട് അല്ലെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഒരു ആത്മീയ പുസ്തകം വായിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഉറക്കം വരും ഞാൻ ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എനിക്ക് അതിനോടൊരു പ്രത്യേകിച്ച് ഒരു ഒരു താല്പര്യമൊന്നുമില്ല രാഷ്ട്രീയം പറഞ്ഞാൽ ലൈറ്റ് ഇടുന്നത് പെട്ടെന്ന് കത്തും പെട്ടെന്ന് ജീവൻ വരുന്നു അല്ലെങ്കിൽ വേറെ മറ്റു ഓരോ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിന് പെട്ടെന്ന് എൻ്റെ ഉള്ളത്ത് ചൂട് ചൂട് പിടിക്കുന്നു കത്തുന്നു അപ്പോൾ എന്തോ ഒരു എന്തോ ഒരു പ്രശ്നമുണ്ട് അപ്പം എൻ്റെ ഇഷ്ടവും പ്രമോദവും വേറെ എങ്ങോട്ടോ മാറിപ്പോകുന്നു അപ്പോൾ ഞാൻ കാണണം കർത്താവെ എൻ്റെ ഉള്ളം ഇപ്പോൾ തണുത്തിരിക്കുന്നു എൻ്റെ ഉള്ളം ഇത് കർത്താവെ കുറച്ച് കട്ടിയായി പോകുന്നു കർത്താവ് എനിക്ക് ഒരു സജീവത്വമില്ല എൻ്റെ ആത്മാവ് അംഗയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് വേണം നമുക്ക് പലപ്പോഴും നാം ഈ സമൂഹത്തിൽ നമുക്ക് നമുക്ക് നമുക്കൊട്ടും ദൈവത്തെ കേന്ദ്രീകരിക്കാനായിട്ടേ പറ്റുന്നില്ല നമ്മുടെ മനസ്സ് ടോട്ടലി ഡിസ്ട്രാക്റ്റഡ് ആണ് നമുക്ക് എപ്പോഴും പ്രത്യേകിച്ച് ഇന്നത്തെ മൊബൈൽ ഫോണും ഇങ്ങനെയുള്ള ടെക്നോളജിയും ഒക്കെ ആയിട്ട് ദൈവമുഖത്തേക്ക് നോക്കാൻ അല്ലെങ്കിൽ ദൈവത്തോട് ഈ രീതിയിലൊന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ രീതിയിൽ എന്തെങ്കിലും ഒന്ന് ഒരു സമയം ചിലവഴിക്കാൻ ഒന്നും നമുക്ക് നമുക്ക് പറ്റാറേ ഇല്ല നമുക്ക് സമയമില്ല നമ്മളൊക്കെ നമുക്ക് മറ്റേത് സഭകളെക്കാട്ടിലും നമ്മുടെ ലോകത്ത് തന്നെ എനിക്ക് തോന്നുന്നത് മറ്റേത് സഭകളെക്കാട്ടിലും ആത്മീക വളർച്ചയ്ക്ക് ഉതകുന്ന ഏറ്റവും അധികം റിസോഴ്സസ് ശരിയായിട്ടുള്ള റിസോഴ്സസ് ശരിയായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമായിരിക്കുന്നത് നമുക്കാണ് അതായത് ഇന്ന് നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഈ ഉറപ്പായിട്ട് പറയാം കാര്യം എത്രയോ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ദൈവവചനത്തിന് വേണ്ടി അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക യഥാർത്ഥമുള്ള ദൈവവചനം ഇല്ല എന്നാൽ ഇവിടെ നമുക്കൊരു സി എസ് സിയുടെ വെബ്സൈറ്റ് ഉണ്ട് അതിൽ സാക്ക് ബ്രദർ ബ്രദറിൻ്റെ സന്ദേശങ്ങൾ ബൈബിൾ സ്റ്റഡി ഇങ്ങനത്തെ ഒത്തിരി ടൂൾസ് അതിനകത്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബിൽ ആയിരക്കണക്കിന് ആ രീതിയിൽ നമ്മെ ജീവിപ്പിക്കുന്ന നമുക്ക് പാപത്തിൽ നിന്ന് നമ്മെ കാക്കുന്ന ഒത്തിരി സന്ദേശങ്ങളുണ്ട് എന്നാൽ ഇതൊന്നും നമ്മളിപ്പോൾ പറയുന്നെങ്കിലും ഇവിടെ നമ്മളിത് പറയുന്നെങ്കിലും നമുക്കിതൊന്നും ആരും അങ്ങനെ അധികം എനിക്കറിയില്ല നിങ്ങളെത്ര പേര് അതിനുവേണ്ടി സമയമെടുത്ത് റെഗുലറായിട്ട് ഇതൊക്കെ എന്തെങ്കിലും കേൾക്കാറുണ്ട് നമ്മൾ ഇത് യുവോചനം കേൾക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരികയായിരുന്നു അപ്പോൾ ചിലപ്പോൾ വൈകിട്ട് ഞാൻ ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം കിട്ടും അപ്പോൾ ചിലപ്പോൾ വൈകിട്ട് ഞാൻ ചിലപ്പം ഈ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്ത് ഏതെങ്കിലും ഒരു സന്ദേശം കേൾക്കാനായിട്ട് ചിലപ്പോൾ ചില സമയങ്ങൾ ശ്രമിക്കാറുണ്ട് അങ്ങനെ ഞാൻ വചന കേട്ടപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളതിന് ഒരു ചൂട് വന്നു അയ്യോ കർത്താവേ തണുത്തിരിക്കും നിന്നോട് നീ നിന്നോടുള്ള ഒരന്വേഷണം എൻ്റെ ഉള്ളത്തിൽ കുറ കുറഞ്ഞിരിക്കുന്നല്ലോ അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഞാൻ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് വേറെ കാര്യങ്ങളുണ്ട് തിരക്കുണ്ട് അവിടെ പോകണം ഇവിടെ പോകണം എനിക്ക് ഇച്ചിരി സമയം ചിലവഴിക്കാനോ അല്ലെങ്കിൽ വചനം വായിക്കാനോ പറ്റുന്നില്ല അപ്പോൾ എൻ്റേതായിട്ടുള്ള ന്യായങ്ങളുണ്ട് എനിക്ക് എൻ്റെ ശരീരപ്രകൃതിയുടെ പ്രത്യേകത രാവിലെ എനിക്കൊത്തിരി സമയം എൻ്റെ ദിനകൃത്യങ്ങൾക്കൊക്കെ എനിക്ക് വേണം എനിക്ക് അതിനൊന്നും സമയം പിന്നെ തിരക്ക് പിടിച്ച് എനിക്ക് കോളേജിൽ പോകണം എനിക്ക് സമയം കിട്ടുന്നില്ല പക്ഷേ എന്നാൽ അങ്ങനെയൊക്കെ നോക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വെള്ളം കുടിച്ച് ഞാൻ എൻ്റെ ദിനകൃത്യങ്ങൾക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു നല്ല സമയമുണ്ട് അപ്പോൾ അപ്പോഴാണ് പത്രം വായിക്കുന്നത് നമുക്ക് വായർത്തകളായത് കൊണ്ട് പത്രമൊക്കെ നല്ല വിശദമായിട്ട് പത്രമൊക്കെ വായിച്ച് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിനൊക്കെ സമയമുണ്ടല്ലോ അപ്പോൾ എവിടെയെങ്കിലും എന്താ നീ എവിടെയെങ്കിലും നീ ഒരു ഈ കാര്യത്തിൽ നീയൊരു ദൈവം മുഖത്തെ അന്വേഷിച്ച് നിനക്ക് നിൻ്റെ ഉള്ളിൽ ഹൃദയം ഇങ്ങനെ കട്ടിയായി പോകാതിരിക്കണമെങ്കിൽ നീ എന്തെങ്കിലും ഒരു കാര്യം എടുക്കണോ ഒരു ഒരു കാര്യത്തിൽ നീ ഒരു സ്റ്റെപ്പ് എടുക്കണം അപ്പോൾ ആ ദൈവം എന്നെ അവിടെ ആ കാര്യം എനിക്ക് ബോധ്യം നൽകി എനിക്കത് കാണിച്ചു തന്നു ഓക്കെ പിന്നെ ഇത് കഴിഞ്ഞ് ഞാൻ എന്തിനാണ് പിന്നെ രാവിലെ പത്രം വായിക്കണ്ട ഓക്കെ എന്നാൽ പിന്നെ പത്രം പിന്നെ കോളേജ് ചെന്നിട്ട് കോളേജിൽ നിന്ന് വേണമെങ്കിൽ വായിക്കാം അല്ലെങ്കിൽ വൈകിട്ട് വായിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ അപ്പം നമുക്ക് ഞാൻ നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചോളം ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കെൻ്റെ കോളേജിൽ എന്നോടൊപ്പം പഠിച്ച എൻ്റെ ഒരു സുഹൃത്ത് എന്നെ സന്ദർശിക്കാനായിട്ട് വീട്ടിൽ വന്നു മോസിസ് എന്ന അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് അപ്പം എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ വാട്സപ്പ് ഒക്കെ വന്നപ്പോൾ മോസസ് എന്നെ വളരെ എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ചു സന്തോഷ് വാട്സപ്പ് വാട്സാപ്പിൽ മെമ്പറാണ് ഏഹ് ഞാനിപ്പോൾ എല്ലാ നമ്മുടെ പിന്നെ കംപ്ലീറ്റ് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ മുഴുവൻ ഇല്ലാത്തവരെയൊക്കെ നമ്മൾ മെമ്പേഴ്സ് ആക്കുകയാണ് അപ്പോൾ വാട്സാപ്പിൽ മെമ്പറായി നീ മെമ്പറാ അപ്പോൾ നമുക്ക് എല്ലാ കമ്മ്യൂണിക്കേഷൻസും വളരെ ഈസിയാണ് അപ്പോൾ അന്ന് എന്തുകൊണ്ടോ എനിക്ക് അതിനൊരു സ്വാതന്ത്ര്യം തോന്നിയില്ല അപ്പം ഞാൻ പിന്നെ ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ തിരിച്ച് എന്തടാ ഈ വാട്സാപ്പ് എന്നൊക്കെ ചോദിച്ച് ഞാൻ പിന്നെ അപ്പോൾ വാട്സാപ്പ് എന്താ അറിയത്തില്ലേ അപ്പം എന്നൊക്കെ പറഞ്ഞു ഏതായാലും അന്ന് ഞാൻ അതിനകത്ത് ആയില്ല അപ്പോൾ ഇപ്രാവശ്യം വന്നു പറഞ്ഞു സന്തോഷ് ഞാൻ ഈ വാട്സാപ്പിൽ നിന്ന് ഞാൻ ഒഴിവായി എന്നെ ഇത് എല്ലാ ഗ്രൂപ്പുകളും ഇതെല്ലാം കൂടെ ഞാനാകെ ഞാൻ ജോലിസ്ഥലത്ത് ചെന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഓഡിറ്ററാണ് ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു എഞ്ചിനീയറിങ്ങിലെ മെക്കാനിക്കൽ എൻജിനീയറാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ പ്ലാൻറ് ആ മെഷീനറിയുടെ ഓഡിറ്ററാണ് അതായത് ലിക്വിഡേഷനിലൊക്കെ പോകുന്ന വലിയ സ്ഥാപനങ്ങളൊക്കെ പോയി അവിടെ ചെന്ന് അതിനെ ഓഡിറ്റ് ചെയ്ത് അതിൻ്റെ കണക്കുകളൊക്കെ കൊടുത്ത് അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സമയബന്ധിതമായിട്ട് അദ്ദേഹത്തിന് ജോലി തീർക്കേണ്ടതാണ് പക്ഷേ ഈ വാട്സാപ്പിൻ്റെ ഭ്രമം പിടിച്ച് അദ്ദേഹം എന്ത് ചെയ്യും രാവിലെ ഒമ്പത് മണിക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് രണ്ട് മണിക്കൂർ ഇത് മുഴുവൻ നോക്കല്ല പരിപാടി ഇതൊക്കെ നോക്കി ചെയ്യണം അത് നോക്കണം ഇതൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ടേ ജോലി തുടങ്ങാൻ പറ്റും കുറേ കഴിഞ്ഞപ്പോൾ തൻ്റെ ജോലി തന്നെ ബാധിക്കാൻ തുടങ്ങിയപ്പം അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഇനിയും മുമ്പോട്ട് പോയാൽ ശരിയാവില്ല അദ്ദേഹം ഏതായാലും ഇതിനെ തൊഴിവായി അപ്പം പറഞ്ഞിപ്പോൾ നീ ഒന്ന് ചേരാതിരുന്നത് നന്നായി അപ്പം നിങ്ങളൊക്കെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരും മുതിർന്നവരും സാധനങ്ങളും ഒക്കെ വാട്സാപ്പിന്റെ കുറെ എക്സൈറ്റ്മെന്റിൽ ആദ്യം എല്ലാവരും ചെയ്താൽ അത് കഴിഞ്ഞ് ഈ നമ്മുടെ ഈ ഒരു ഏകാഗ്രത നമുക്ക് ലഭിക്കാതെ നമ്മുടെ ഹൃദയം കട്ടിയായി ഈ വാട്സാപ്പിന്റെ കുരുക്കിലാണോ നിങ്ങൾ അല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് എവിടെയാ എവിടെയാണ് എൻ്റെ ഹൃദയം ഇങ്ങനെ കട്ടിയായി പോകുന്നത് എവിടെയാണ് എൻ്റെ ഹൃദയം പിന്മാറ്റത്തിലേക്ക് പോകുന്നത് എവിടെയാണ് എൻ്റെ ഹൃദയം വശീകരിക്കപ്പെട്ട് പോകുന്നത് നമുക്ക് ദൈവത്തോടുള്ള ഒരു ഏകാഗ്രതയും നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയത്തെ ഒരു മാർദ്ധവത്തിലേക്കും നമുക്ക് ദൈവോന്മുഖമായി നോക്കുവാനുള്ള ഒരു സാവകാശവും നമുക്കുണ്ടാവണം നമുക്ക് ആ രീതിയിൽ നമ്മെ തന്നെ ഞാനും എൻ്റേതായിട്ടുള്ള ഒരു ആവശ്യബോധത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് നമുക്ക് ആ രീതിയിൽ നമുക്ക് നമ്മെ നമ്മുടെ ഹൃദയത്തെ ദൈവവും ബാകെ നമുക്ക് കൊണ്ടുവരികയും കർത്താവേ എനിക്ക് ആ രീതിയിൽ എൻ്റെ ഹൃദയത്തെ കർത്താവ് ഞാൻ ഇതൊക്കെ പറയുമ്പോഴും എനിക്ക് അങ്ങയുടെ മുമ്പാകെയുള്ള ആ രീതിയിലുള്ളൊരു ഹൃദയം എനിക്ക് താഴ്മയുള്ള ഒരു ഹൃദയം എനിക്ക് ഒരു ഉണർവുള്ള ഒരു ഹൃദയം കർത്താവ് എനിക്ക് നൽകണമേ എൻ്റെ ഉള്ളത്തിലെ ആ പിന്മാറ്റം എൻ്റെ ഹൃദയത്തിലെ പിന്മാറ്റത്തെ അങ്ങനെനിക്ക് ചികിത്സിച്ചു സൗഖ്യമാക്കണമേ എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് സദൃശവാക്യങ്ങൾ പതിനാലില് പറഞ്ഞത് നമ്മുടെ സ്വന്തം വഴികൾ മുഴുകിയിരിക്കും എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കുമുള്ള സ്വന്ത വഴികൾ നമ്മുടെ കുറിച്ചുള്ള സ്വന്തം വഴികൾ നമ്മൾ പല പ്ലാനുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട് അപ്പോൾ ഉള്ളപ്പോൾ തന്നെ ജോലി നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരു എച്ച് ആരെങ്കിലും നല്ല പ്രപ്പോസലുമായിട്ട് വരും അപ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു സ്റ്റാഫ് ഒരു നല്ല പ്രപ്പോസലുമായിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് നിങ്ങളത് നിങ്ങളുടെ എച്ച് നിങ്ങളുടെ മതി മേലധികാരിയുമായിട്ട് നിങ്ങളത് വെറ്റ് ചെയ്തോ എന്ന് ചോദിക്കാറുണ്ട് അതായത് നിങ്ങൾ അവരോട് ഈ കാര്യങ്ങളൊക്കെ അഭിപ്രായം ചോദിച്ച് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ പലർ അതിനെക്കുറിച്ച് നമ്മുടെ ഒരു സ്വന്തം അഭിപ്രായം അങ്ങ് നടന്ന് നമുക്കത് ഈ നമ്മുടെ അഭിപ്രായങ്ങളും നമ്മുടെ ചിന്തകളും ഇഷ്ടങ്ങളും ഒക്കെ നമ്മൾ ദൈവത്തോട് നമ്മളൊന്ന് വെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ദൈവം ദൈവമേ അങ്ങ് എന്താ വിചാരിക്കുന്നത് അങ്ങയുടെ താല്പര്യം എന്താണ് അങ്ങയുടെ ആഗ്രഹം എന്താണ് ഇപ്പം ചിലർ ചെറുപ്പക്കാർ എനിക്ക് പിന്നെ ചിലർ അങ്ങനെ കണ്ടിട്ടുണ്ട് അവർ പല വർഷങ്ങൾ എനിക്ക് ഡോക്ടർ ആയിട്ടേ ഉള്ളൂ ഏഹ് പറ്റില്ല ഏഹ് അപ്പോൾ അപ്പം ദൈവത്തിൻ്റെ നിങ്ങൾ ആ കാര്യം നിങ്ങൾക്ക് മുമ്പിൽ വെക്കുക ഇന്ന് രാവിലെ ഒരു സഹോദരൻ ഋഷികേഷിൽ നിന്ന് എന്നെ വിളിച്ചു ഏഹ് ഋഷികേഷിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചു അപ്പോൾ ഋഷികേഷിൽ നമ്മുടെ ഇവിടെയുള്ള സഹോദരനാണ് ഞാൻ ആ സഹോദരൻ്റെ ഋഷി ഋഷികേഷിൽ സഹോദരൻ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി കോഴ്സിന് ഒറ്റ സീറ്റേ ഉള്ളു അപ്പോൾ അദ്ദേഹം ഋഷികേഷിൽ നിന്ന് വിളിച്ചത് ഞാൻ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞു ആ പരീക്ഷ ഞാൻ പാസ്സായി എനിക്ക് സെക്കൻഡ് റാങ്ക് ഉണ്ട് അപ്പോൾ തിങ്കളാഴ്ച അതിൻ്റെ ഇൻ്റർവ്യൂ ഫർദർ പ്രോസസ്സ് നടക്കുകയാണ് അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ എനിക്ക് സെക്കൻഡ് റാങ്ക് ആണ് പക്ഷെ ഒറ്റ സീറ്റേ ഉള്ളൂ അപ്പോൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ ഈ വാക്യം വായിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഞാൻ അപ്പോൾ ബ്രതറിനോട് പറഞ്ഞു ബ്രതരെ അപ്പോൾ നമ്മൾ ഈ കാര്യം നമുക്ക് ചെയ്യാം പ്രാർത്ഥിക്കാം അപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം ഭർത്താവ് എനിക്കീ കാര്യത്തിൽ ഇത് തന്നെ വേണം എന്നെനിക്ക് എൻ്റെ അതിൻ്റെ പ്രത്യേകിച്ച് എൻ്റെ കോൺസിക്വൻസ് മുമ്പോട്ടും കാര്യം കൊടുമ്പം ഈ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല പക്ഷേ അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ദൈവമേ അങ്ങയുടെ ഹിതമെങ്കിൽ ഈ കാര്യം വാതിൽ തുറക്കണം എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ രീതിയിൽ നമുക്ക് സാധനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം വിവേക് ബ്രദറാണ് വിവേക് ബ്രദറിന് ഇപ്പോൾ ഇന്ത്യയിലാകെയുള്ള ഒരു സ്പൈൻ എൻ്റെ ഒരു സ്പൈൻ സർജറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്പെഷ്യാലിറ്റിക്ക് വേണ്ടിയാണ് അദ്ദേഹം അവിടെ പോയിരിക്കുന്നത് അപ്പം തന്നെ ബ്രഹറിനെ സംബന്ധിച്ചോളം ബ്രഹറിന് എന്താണ് നല്ലത് നമുക്കറിയില്ല നമുക്ക് ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ യോഗപ്പെടുത്തി കൊണ്ടുവച്ചിട്ട് കർത്താവ് ഒരു വിധേയപ്പെടുന്ന ഒരു ഹൃദയം താഴ്മയുള്ളൊരു ഹൃദയം കർത്താവ് എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം വേണം ഒരു ചൂടുള്ള ഹൃദയം ഉണർവുള്ള ഹൃദയം പിന്മാറ്റത്തിലേക്ക് ഹൃദയത്തിൽ നിന്ന് പോകുന്ന പിന്മാറ്റങ്ങളെ കണ്ടെത്തി കർത്താവ് എനിക്ക് തിരികെ എൻ്റെ അടുക്കിലേക്ക് വരണം നമുക്ക് ആ രീതിയിൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് കൊണ്ടുവരികയും നമ്മൾ പതിനാറാം സർശവാക്യങ്ങൾ പതിനാറാം അധ്യായത്തിലെ രണ്ട് വാക്യങ്ങളും ഞാൻ വായിക്കാം പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്കും അത് പ്രയോജനപ്പെടുമല്ലോ അവിടെ ഇങ്ങനെ പറയുന്നു രണ്ടാം വാക്യം മനുഷ്യന് തൻ്റെ വഴികളൊക്കെയും വെടി വെടിപ്പായി തോന്നുന്നു യഹോവയോ ആത്മാക്കളെ തൂക്കി നോക്കുന്നു നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നാൽ നിൻ്റെ ഉദ്ദേശങ്ങൾ സാധിക്കും അപ്പോൾ നമ്മുടെ പ്രവർത്തികളെ നമ്മുടെ ആഗ്രഹങ്ങളെ ഇത് യഹോവയ്ക്ക് സമർപ്പിക്കുക എന്നിട്ട് കർത്താവ് നീ എന്താ വേണ്ടത് എനിക്ക് ഈ ഈ കാര്യത്തിൽ എനിക്ക് അങ്ങയുടെ ഹിതമാണ് എനിക്ക് വേണ്ടത് നമ്മൾ അതിൻ്റെ ഏഴാം വാക്യം ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവൻ്റെ ശത്രുക്കളെയും അവനോട് ഇണക്കുന്നു ഒരുത്തിൻ്റെ വഴികൾ യഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ വഴി ഒമ്പതാം വാക്യം ദ മാൻ ദ മൈൻഡ് ഓഫ് മാൻ പ്ലാൻസ് എസ് വേ ബട്ട് ദ ലോഡ് ഡെറക്സ് ഹെസ് സ്റ്റെപ്സ് യഹോവയാണ് മനുഷ്യൻ്റെ ഹൃദയം തൻ്റെ വഴിയെ ഒരുക്കുന്നു അവൻ്റെ കാലകളികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാനോ ദൈവമേ അങ്ങയുടെ ഹിതം എനിക്ക് വേണം അങ്ങയുടെ താല്പര്യവും അങ്ങയുടെ ഹിതത്തിനായിട്ട് ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളൊരു മനോഭാവത്തോടു കൂടെ നമ്മുടെ നമ്മൾ ദൈവവചനത്തിൽ ഉടനീളം നമ്മൾ കാണുമ്പോൾ ഇസ്രായേൽ മക്കളൊക്കെ എന്തായിരുന്നു അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ അങ്ങ് നിറഞ്ഞ് അവർക്കത് മതിയായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം ദൈവത്തിൻ്റെ തങ്ങളുടെ അവരെ വിളിച്ച ദൈവത്തെ അവരെ വിളിച്ചു വിളിച്ച ദൈവത്തെ അവർ മറന്ന് അവർക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ സന്തോഷം അവർക്ക് കാളക്കുട്ടിയിലായി അവർ കാളക്കുട്ടിയിലും സന്തോഷിച്ചു അപ്പോഴാണ് ദൈവത്തിൻ്റെ കോപം ഉണ്ടായത് നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ദൈവജനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർ കുറേ കഴിഞ്ഞ് ദൈവം അത് കഴിഞ്ഞ് വിളിച്ച ദൈവം അത് കഴിഞ്ഞാൽ വീണ്ടെടുത്തു അവരെ രക്ഷിച്ച് വീണ്ടെടുത്തു വീണ്ടെടുത്ത് അവർ മരുഭൂ പ്രയാണത്തിലേക്കൂടെ നടന്നു പോകുമ്പോഴോ അപ്പോഴും അവരുടെ പ്രമോദം മറ്റ് പല പല കാര്യങ്ങളിലായിരുന്നു അവർക്ക് ചുറ്റുള്ളി വേണം അവർ അവർക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് എന്നാൽ ദൈവത്തെങ്കിലേക്ക് നോക്കി ദൈവത്തിലൊരു പ്രമോദം കാണാനായിട്ട് അവർക്ക് പറ്റിയില്ല ആ ജനങ്ങളോട് ദൈവം കോപിച്ചു എന്ന് നമ്മൾ അവരെക്കുറിച്ചൊക്കെ നമ്മൾ സങ്കീർത്തനം നൂറ്റി പതിനാറിൽ നമ്മൾ വായിക്കുന്നുണ്ട് സങ്കീർത്തനം തന്നെ നൂറ്റി സോറി നൂറ്റി ആറ് നൂറ്റി ആറാം ഇവരെക്കുറിച്ച് ഇസ്രായേലിൻ്റെ മത്സരവും ഇഹോവ നൽകിയ വിടുതലും എന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു സങ്കീർത്തനക്കാരൻ എഴുതുമ്പോൾ അവൻ നല്ലവനല്ലോ അവൻ്റെ ദേഹം നിന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞു പക്ഷേ അതിൻ്റെ ഇടയിൽ ബാക്കി പറയുന്നതൊക്കെ ഇവർ മിസ്രയേൽ വെച്ച് വെച്ച് അത്ഭുതങ്ങളെ കണ്ട് മറന്ന് പതിമൂന്നാം വാക്യം എങ്കിലും അവർ വേഗത്തിൽ അവൻ്റെ പ്രവൃത്തികളെ മറന്നു അവൻ്റെ ആലോചനയ്ക്ക് കാത്തിരുന്നതുമില്ല ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്നു ദൈവത്തിൻ്റെ ആലോചന അവർക്ക് വേണ്ടായിരുന്നു അവൻ്റെ പ്രവൃത്തികൾ അവർ പെട്ടെന്ന് മാറുന്നു മരുഭൂമിയിൽ വെച്ച് പതിനാലാം വാക്യം അവർ ഏറ്റവും മോഹിച്ചു നിർജ്ജന പ്രദേശത്ത് അവർ ദൈവത്തെ പരീക്ഷിച്ചു അവർ അപേക്ഷിച്ചത് അവൻ അവർക്ക് കൊടുത്തു എങ്കിലും അവരുടെ പ്രാണന് ക്ഷയം അയച്ചു അവരുടെ പ്രാണൻ തണുത്തുപോയി അവരുടെ പ്രാണൻ ക്ഷീണിച്ചു പോയി അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ബാഹ്യമായിട്ട് അവർക്ക് ലഭിച്ചു എന്നിട്ട് ഇരുപത്തിരണ്ടാം വാക്യം രക്ഷിതാവായ ദൈവത്തെ അവർ മറന്നുകളഞ്ഞു നമ്മള് അവസാനം ഏറ്റവും അവസാനം അതിനുശേഷം ഇവര് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നു നാൽപ്പത്തിയേഴ് ഞങ്ങളുടെ ദൈവമായി ഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവേ നിന്റെ വിശുദ്ധതാപത്തിനെ സ്തോത്രം ചെയ്യുവാനും നിന്റെ സ്തുതിയിൽ പ്രശംസിക്കുവാനും കർത്താവെ ഞങ്ങളെ ആ ഒരു മനോഭാവം നിന്നെ സ്തുതിക്കുവാൻ നിന്നിൽ പ്രശംസിക്കുവാൻ നാൽപ്പത്തിയെട്ടാം വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ എന്നൊക്കെ വാഴ്ത്തപ്പെടുന്നതാകട്ടെ ജനമെല്ലാം ആമേൻ എന്ന് പറയട്ടെ യഹോവയെ സ്തുതിപ്പീൻ നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ സ്തുതിപ്പാനും ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കുവാനും നമ്മുടെ ഉള്ളം വീണ്ടും ദൈവം നമ്മെ ജീവിപ്പിക്കട്ടെ നമ്മൾ കന്യകുമാരെയെക്കുറിച്ച് പറഞ്ഞു അവരൊക്കെ അവർക്കൊരുതരം മയക്കം ആണ് പിടിച്ചത് നമ്മുടെ ഉള്ളത്തിൽ ഈ ഒരു മയക്കത്തോടു കൂടെ നാം ദൈവത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കട്ടെ സങ്കീർത്തനം പതിനാറാം അധ്യായത്തിൽ നിന്നും ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ ഈ ഞാൻ നിർത്തട്ടെ സങ്കീർത്തനം പതിനാറാം അധ്യായം വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് ഈ രണ്ടാം വാക്യം ഞാൻ എഹോബയോട് പറഞ്ഞത് നീ എൻ്റെ കർത്താവാകുന്നു നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല കർത്താവെ ഞാൻ നിന്നിൽ പ്രത്യാശ വയ്ക്കുന്നു എൻ്റെ എട്ടാം വാക്യം ഞാൻ എഹോബയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു എൻ്റെ ജഡവും നിർഭയമായി വസിക്കും പതിനൊന്നാം വാക്യം ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിൻ്റെ സന്നദ്ധയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ പ്രമോദം ദൈവത്തിൽ കണ്ടെത്താൻ ദൈവത്തെ എൻ്റെ സാന്നിധ്യം നമുക്ക് ആഗ്രഹിക്കാൻ കർത്താവെ നീ എൻ്റെ വലത്ത് ഭാഗത്ത് എപ്പോഴും ഉണ്ടാവണം കർത്താവെ അതിന് തടസ്സമായിട്ട് ഇന്ന് എൻ്റെ ഹൃദയത്തിൽ എന്താണ് ഏതെങ്കിലും കാര്യം ഒരു വിഗ്രഹമായിട്ടുണ്ടോ കർത്താവേ അതിനെ ഞാൻ ഉടച്ചു കളയാൻ തയ്യാറാണ് അങ്ങയോടുള്ളൊരു അടുപ്പത്തെ എനിക്ക് നൽകണമേ അങ്ങയോട് കർത്താവെ എനിക്ക് ജീവനോടെ സത്യസന്ധതയോടെ കർത്താവെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ എൻ്റെ ഉള്ളിൽ എനിക്കൊരു ജീവനെ നൽകണമേ കർത്താവേ എൻ്റെ പിന്മാറ്റത്തെ അങ്ങ് ചികിത്സിച്ച് എന്നെ സൗഖ്യമാക്കണമേ കർത്താവേ എന്ന് നമുക്ക് ദൈവത്തോട് പറയാം നമുക്ക് ആ രീതിയിൽ നമുക്കൊരു ഉണർവ് നമ്മുടെ ബാഹ്യമായ മറ്റുള്ളവ ആൾക്കാർ പറയുന്നതുപോലുള്ളൊരു പിന്മാറ്റം ആയിരിക്കില്ല പ്രിയമുള്ളവരെ ഇന്ന് നാം ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും നമ്മുടെ ഹൃദയത്തിലെ പിന്മാറ്റവുമായിട്ട് ദൈവത്തിനടുത്ത് ദൈവമായി എന്നെ ചികിത്സിക്കണമേ എന്നെ സൗഖ്യമാക്കണമേ എന്നിൽ കർത്താവ് അങ്ങ് ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് എൻ്റെ ജീവൻ എന്റെ ആത്മാവിനൊരു ജീവനെ സജീവത്വത്തെ അങ്ങ് നൽകണമേ കർത്താവേ എന്റെ ആത്മാവിപ്പോൾ അത് പ്രാണിന് ക്ഷയം വന്നിരിക്കുന്നു എന്റെ ഉള്ളം കട്ടിയായിക്കൊണ്ടിരിക്കുന്നു കർത്താവെ എന്നെ അങ്ങ് മാർദ്ദവപ്പെടുത്തണമേ എന്ന് നാം പറയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ മാർദ്ദവപ്പെടുത്തും ദൈവം നമ്മെ ഓരോരുത്തരെയും പല അവസരങ്ങളിൽ ദൈവം നമ്മെ സന്ദർശിച്ചിട്ടുണ്ട് നമ്മുടെ പിന്മാറ്റത്തിൽ നമ്മെ ദൈവം വിടുവിച്ചിട്ടുണ്ട് ദൈവത്തിന് നമ്മെ വീണ്ടും വിടുവിച്ച് നമ്മെ മുമ്പോട്ട് കൊണ്ടുവരുവാനായിട്ട് കഴിയും ദൈവത്തിന് സ്ത്രോത്രം